അനാഥയുടെ സ്വത്തിന് ഏറ്റവും ഉത്തമമായ രീതിയിലല്ലാതെ നിങ്ങൾ അടുക്കരുത് അവൻ പ്രായപൂർത്തിയാകുന്നതുവരെ അളവിലും തൂക്കത്തിലും നീതി പാലിക്കുക ഒരാളുടെ കഴിവിനപ്പുറം നാം ഒരാളോടും ബാധ്യതകൾ ഏർപ്പെടുത്തുകയില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതി പാലിക്കുക അത് കുടുംബ ബന്ധമുള്ളവരാണെങ്കിൽ പോലും അള്ളാഹുസുബാനുഹൂവായാലയുമായുള്ള കരാറുകൾ പാലിക്കുക നിങ്ങൾ ഓർമ്മിക്കുന്നതിനായി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്